എല്ലാവർക്കും എൻ്റെ പ്രണ അറിവ് എന്ന കൃതിയിലെ ഒടുവിലത്തെ രണ്ട് പദ്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാൻ അദ്വൈത സത്യം അത്യന്തം ലളിതമായി നമുക്ക് വിവരിച്ചു തരുന്ന ഒരു കൃതിയാണ് അറിവ് അറിവ് എന്ന പദം തന്നെ അതിന് തെളിവാണ് അറിവാണ് സത്യം അറിവെന്ന് പറഞ്ഞാൽ ബോധം ബോധമാണ് ഈ ജഡപ്രപഞ്ചത്തിൻ്റെ സത്യം ബോധം എന്ന വാക്ക് എപ്പോഴും ഓർമ്മിക്കുക എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധം നമുക്ക് തൽക്കാലം ആ ബോധത്തെ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഉപനിഷത് കാലം മുതൽ ഗുരുദേവൻ്റെ കാലം വരെയുള്ള സത്യദർശികൾ ഏകകണ്ഠമായി നമുക്ക് വിവരിച്ചു തരുന്ന സത്യമാണ് ആ എണ്ണും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൻ്റെ പുരണമാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ അനുഭവപ്പെടുന്നത് ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ അനുഭവപ്പെടുന്നത് ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ ആരംഭത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട് ബ്രഹ്മം ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ അദ്ദേഹം വ്യക്തമായി ഉത്തരം നൽകുന്നു സകലരും അനുഭവിക്കുന്നു സകലരും അഹം പ്രത്യയ വിഷയത്വാ അഹം പ്രത്യയം ഞാൻ ഞാൻ എന്നുള്ള അറിവ് എന്നുള്ള അനുഭവം ഉള്ളിലിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ അനുഭവമാണ് പക്ഷെ അത് പലരിലും പലതായി കാണുന്നുണ്ടല്ലോ അത് സാരമില്ല ശരീരത്തിൻ്റെ പരിമിതി നിമിത്തം പലതും നിർത്തവും നിന്നു മനസ്സിനെ ഏകഭാവം ഏകത്വഭാവം പഠിപ്പിച്ച് ഉപശമിപ്പിക്കുകയാണെങ്കിൽ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ഞാൻ സർവത്ര പുറത്തും പുറത്ത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടും അതാണ് ബ്രഹ്മം നമുക്കാർക്കും നമ്മുടെ മനസ്സിനെ ഭേദചിന്ത ഒഴിച്ചുമാറ്റി ശുദ്ധീകരിക്കാമെങ്കിൽ അത് ക്രമേണ പൂർണ്ണമായും അനുഭവപ്പെടും അപ്പോൾ ഈ അറിവാണ് സത്യം അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അത് ജനിച്ചതല്ല അത് അത് നിശ്ചലമാണ് അതാനന്ദഘനമാണ് ചിലപ്പോൾ നമുക്ക് തോന്നാം നിശ്ചലവും ഒക്കെ ആ ഒരു സത്യത്തിനെ നമ്മളെന്തിനു കണ്ടുപിടിക്കണം അതാനന്ദഘനമാകും അത് ആനന്ദം മാത്രം നമ്മളനുഭവിക്കുന്ന എല്ലാ ആനന്ദവും ആ സത്യത്തിൻ്റെ വകയാണ് അപ്പോൾ ജനിക്കാത്ത ആനന്ദം ഒരു കുറവും വരാത്ത ആനന്ദം മരിക്കാത്ത അനന്തം അതാണ് നമ്മളൊക്കെ അത് കണ്ടെത്തണം ഇതാണ് ജഗത്തിൻ്റെ സത്യം ഈ സത്യത്തിൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നും ഗുരുദേവൻ വിവരിക്കുന്നു ഈ സത്യത്തിൽ യഥാർത്ഥത്തിൽ മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല അതും ചിന്തിച്ചാൽ നമുക്ക് ഊഹിക്കാം സർവത്ര നിറഞ്ഞ നിശ്ചലമായി നിൽക്കുന്ന ഒരു വസ്തുവിൽ വേറൊന്ന് യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടാവും ചലനം ഉണ്ടെങ്കിലേ വേറൊന്നുണ്ടാവാൻ പറ്റൂ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വസ്തു എങ്ങോട്ട് ചലിക്കാനാണ് ഉള്ളിലോ പുറത്തോ ആ വസ്തുവിൽ യാതൊരു ചലനവും സാധ്യമല്ല അതുകൊണ്ട് കർമ്മം ഇല്ലാത്തതാണ് ഗുരുദേവൻ ബ്രഹ്മവിദ്യാവത്തിൽ വ്യക്തമായി പറയുന്നുള്ളൂ കർമാ നിന്നിലുണ്ടെന്ന് തോന്നുന്ന ഈ കർമ്മം അതായത് എനർജിയുടെ സ്പന്ദനം ആധുനിക ശാസ്ത്രമൊക്കെ അന്വേഷിച്ച് നടക്കുന്ന എനർജിയുടെ സ്പന്ദനം എവിടുന്നാണ് എനർജി സ്പന്ദിക്കുന്നത് ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല പുറമേ ആയിരമായിരം യുഗം തപസ് ചെയ്താലും എനർജി എവിടെ സ്പന്ദനം ആരംഭിക്കുന്നു കണ്ടുപിടിക്കാനേ സാധ്യമല്ല കാരണം അങ്ങനെ എനർജി സ്പന്ദിക്കുന്നില്ല അഖണ്ഡ നിശ്ചല ബോധം അതിലെങ്ങനെ എനർജി സ്പന്ദിക്കും പിന്നെ എനർജി സ്പന്ദിച്ച് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കുന്നതായിട്ടാണല്ലോ ആധുനിക ശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷെ എനർജി എവിടെ സ്പന്ദിക്കുന്നു പിടിയില്ല പിന്നെ ഈ സ്പന്ദനവും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ഉണ്ടെന്ന് തോന്നുന്നല്ലോ അവിടെയാണ് അവിടെയാണ് ആ പോയിൻ്റ് പക്ഷെ ഒരിക്കലും സ്പന്ദനം സാധ്യമല്ല നമ്മൾ ഈ മായ മായ എന്നൊക്കെ പറയുന്ന ധരിക്കണം അവിടെയാണ് ഇത് വെറും ഒരു തോന്നൽ മായ മായയാണ് ഈ സ്പന്ദനമുണ്ടെന്നും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്നും ഒക്കെ തോന്നുന്നതും വെറും മായ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ വെറും മായ ഇല്ല ഇല്ലാത്തതുണ്ടെന്ന് തോന്നുന്നതാണ് മായ ഒരു ഐന്ദ്രജാലികൻ്റെ ഇന്ദ്രജാലം പോലെ ഹേ ഇതിന് ദൃഷ്ടാന്തമുണ്ടോ ഉണ്ടല്ലോ മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നു ഗംഭീരമായ ഒരു സരസ്വ അല അടിക്കും പോലെ തോന്നും അവിടെ ഒരു തുള്ളി വെള്ളമില്ല പക്ഷെ തോന്നുന്നു ഇതിലെത്രയോ ദൃഷ്ടാന്തങ്ങൾ വേദാന്തത്തിൽ അനവധി ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് ആകാശത്തിലൊരു മേൽക്കട്ടി തോന്നുന്നു ഇപ്പം താഴെ ഇറങ്ങി നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ആകാശത്തിലൊരു മേൽക്കട്ടി ഉണ്ടെന്ന് തോന്നും അവിടെ ഒരു മേൽക്കട്ടിയും ഇല്ല നല്ല ഖന ഉള്ള ഒരു മേൽക്കട്ടി ആകാശത്ത് മുകൾ ഭാഗത്തിൽ മൂടിയിരിക്കുന്നതായി തോന്നുന്നു ഇതെങ്ങനെ അത് വെറുതെ തോന്നുന്നു നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയുടെ പരിമിതി നിമിത്തം തോന്നുന്നു മാത്രമേ ഉള്ളൂ അവിടെ ഒരു മേൽക്കെട്ടിയുമില്ല ശ്രദ്ധയ്ക്ക് നടന്നു പോകുമ്പോൾ വഴിയിലൊരു കയറി കിടക്കുന്നത് സർപ്പത്തിൻ്റെ തോന്നലുള്ളതാക്കുന്നു ഇതൊക്കെ ഇതിന് ദൃഷ്ടാന്തമാണ് അവിടെ സർപ്പമുണ്ടോ ഇല്ല ഉള്ളത് കയറുന്ന അതുപോലെ തന്നെ സന്ധിക്കൊരു മരക്കുറ്റിയിൽ പിശാചിൻ്റെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ തോന്നൽ ഉളവാക്കുന്നു മരക്കുറ്റി അവിടെ പുരുഷനുണ്ടോ ഇല്ല ഒരു വെറും മരക്കുറ്റി സ്ഥാണുപുരുഷൻ എന്ന് പറയും സ്ഥാണെന്ന് വെച്ചാൽ മരക്കുറ്റി അങ്ങകലെ ഒരു ചിപ്പി സൂര്യ അങ്ങനെ തിളങ്ങി വെള്ളി ശുപ്തി രജത്വം ഇതൊക്കെ ഇതിന് ദൃഷ്ടാന്തമാവും ഒരു ചിപ്പി കിടക്കുന്നത് കണ്ടാൽ ഒന്നാം തരം വെള്ളി കിടക്കുന്നതായിട്ട് തോന്നും അവിടെ വെള്ളിയുണ്ടോ വെറും ചിപ്പി ഇങ്ങനെ നിരവധി ദൃഷ്ടാന്തങ്ങൾ കണ്ണിന് സോക്കേണ്ട ഉണ്ടെങ്കിൽ ഒരു ചന്ദ്രൻ അനേക ചന്ദ്രന്മാരെ പോലെ തോന്നും മാത്രമല്ല ദൂരെ നിന്ന് നോക്കിയാൽ ഏത് വസ്തു പല പല കാഴ്ചകൾ തോന്നിക്കും അകലം ത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് പണ്ട് മനുഷ്യൻ ചന്ദ്രനിപ്പോയപ്പോൾ നിരവധി ഫോട്ടോകൾ ചന്ദ്രൻ്റെ ഫോട്ടോകൾ അയച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചന്ദ്രനോട് അടുക്കും തോറും ആ ഫോട്ടോകൾ മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു വസ്തു പക്ഷേ അകല അകലം നിമിത്തവും കണ്ണിൻ്റെ കാഴ്ചക്കുറവ് നിമിത്തവും വെളിച്ചത്തിൻ്റെ കുറവ് നിമിത്തവും മറ്റ് പല കാരണങ്ങളാലും അനേകതരം ഭ്രമം ഉളവാക്കാം അതുപോലെ അഖണ്ഡബോധരൂപമായ ബ്രഹ്മം നിറത്തി പ്രപഞ്ചത്തിൻ്റെ ഭ്രമം ഉളവാക്കുന്നു ഭ്രമം ആ സത്യത്തെ അടുക്കും തോറും ഈ ഭ്രമം മാറും പൂർണ്ണസത്യാനുഭവത്തിൽ പ്രപഞ്ചത്തിൻ്റെ കണിക പോലുമില്ല ആ സത്യം മാത്രം എന്നും എവിടെയും ആനന്ദഘനവും അഖണ്ഡവുമായ ഒരേ സത്യം അത് മാത്രമാണ് സത്യം മറ്റൊക്കെ അതിലെ കള്ളങ്ങൾ ഭ്രമങ്ങൾ ശക്തിസ്പന്ദനം പോലും അതിലെ വെറും ഭ്രമം അപ്പൊ ഈ ഭ്രമത്തിന്റെ ക്രമമെന്താ ഗുരുദേവൻ ഇതാ വിവരിക്കുന്നു ഇത് ഓർമ്മിച്ചു ഏത് വേദപ്ര പ്രഭാഷണം കേൾക്കാൻ പോയാലും സപ്താഹം കേൾക്കാൻ പോയാലും കോവിഡിൽ പോയാലും ഈ ഓർമ്മിച്ച് വെക്കുക ഈ സത്യനുള്ളൂ ഗുരുവായൂർ അപനെക്കുറിച്ച് ഭട്ടഗിരി എന്ത് പറയുന്നു സാന്ദ്ര ആനന്ദാവബോധാത്മകം അതാണ് ഈ ബ്രഹ്മം സാന്ദ്രം എന്നുവെച്ചാൽ ഇടതുങ്ങിയ ഇടതുങ്ങിയ ആനന്ദം സാന്ദ്ര ആനന്ദ അവബോധം ബോധവും ഇടതുങ്ങിയ ബോധവും ആനന്ദവും കൂടിച്ചേർന്ന വസ്തു സാന്ദ്രാനന്ദ വെച്ചാൽ കട്ടി പിടിച്ച സാന്ദ്രാനന്ദബോധാത്മകം അനുപമിത്തം അതിനോടുപമിക്കാൻ മറ്റൊരു വസ്തുവില്ല എന്നെ അതിനോട് മറ്റെന്ത് വസ്തുവിനെ ഉപമിക്കും ഈ നാരായണീയത്തിലൊക്കെയുള്ള ആദ്യത്തെ പദ്യമെങ്കിലും വായിച്ചു നേരെ മനസ്സിലാക്കിയിട്ട് കൃഷ്ണനാർ അല്ലെങ്കിൽ രാമനാര് എന്നൊക്കെ ചിന്തിക്കുക അതൊന്നും ചെയ്യാതെ ഈ കൃഷ്ണഭക്തി രാമഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എവിടെയാ ചെന്ന് അവസാനിക്കുക ഇത് ഭട്ടചരി ആദ്യം തന്നെ വിവരിക്കുന്നതല്ലേ സാന്തര ആനന്ദാവബോധാത്മകം അനുപമിഷ്ടം അതിനോട് തുല്യപ്പെടുത്താൻ ഒരു വസ്തുവുമില്ല കാലദേശ അവധിഭ്യം നിർമുക്തം എന്ന് വെച്ചാൽ അനന്തം കാലത്തിൻ്റെ പരിമിതിയോ ദേശത്തിൻ്റെ പരിമിതിയോ അതിനില്ല കാലദേശ അവധിഭ്യം നിർമുക്തം നിത്യമുക്തം അതിനെ ഒരു കളങ്കവും ഇന്നുവരെ ബാധിച്ചിട്ടില്ല പിന്നെയാണോ അതിൽ പ്രപഞ്ച ഉൽപ്പത്തി നിത്യമുക്തം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യനിർമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം വേദത്തിലെ അനേകം വാക്യങ്ങളിൽ കൂടി ആ സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു ആ സത്യം പ്രജ്ഞാനമാണ് ബോധമാണ് പ്രജ്ഞാനം ബ്രഹ്മ നാല് പ്രധാന മഹാവാക്യങ്ങൾ തന്നെ ഉണ്ട് അജ്ഞാനം എന്ന് വെച്ചാൽ ബോധം ബോധമാണ് ബ്രഹ്മം തത്ത്വമസി പുന നീ അതുതന്നെ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് അയമാത്മാ ബ്രഹ്മ ഈ കാണുന്ന ജീവാത്മാക്കളൊക്കെ ബ്രഹ്മമാണ് ഇങ്ങനെ എത്ര എത്ര മഹാവാക്യങ്ങൾ അത് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ സത്യത്തെ അനുഭവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അസ്പഷ്ടം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല അതെങ്ങനെ സാധിക്കും കേനോപനിഷത്ത് പറയും പോലെ ആ സത്യം ആ ബോധസത്യം പിന്നിലുള്ളത് കൊണ്ടാണ് ചെവി കേൾക്കുന്നത് അപ്പൊ പിന്നെ ആ ചെവിക്ക് എങ്ങനെ ബോധസത്യത്തെ കണ്ടെത്താൻ കഴിയും തലച്ചോറിന് കണ്ടെത്താൻ കഴിയില്ല തലച്ചോറ് ഉള്ളതായിത്തീരുന്നത് ആ ബോധസത്യം ഉള്ളത് ഉണ്ടാകും നർവസ് സിസ്റ്റം ഉള്ളതായിത്തീരുന്നത് ആ ബോധസത്യമുള്ളത് ഉണ്ടാകും ബോധസത്യം ഇല്ലെന്ന് വെച്ചാൽ നർവസ് സിസ്റ്റം ഇല്ല തലച്ചോറില്ല ചെരിയില്ല കണ്ണില്ല മൂക്കില്ല ഉണ്ടെന്ന് ആര് പറയും ഉണ്ട് എന്ന് പറയാനൊരു വസ്തു വേണ്ടേ അനുഭവിക്കാനൊരു വസ്തു വേണ്ടേ അപ്പോ അത് ഈ വേദാന്തവാക്യങ്ങളിൽ കൂടെ മാത്രമേ അനുഭവിക്കാൻ പറ്റൂ കണ്ടെത്താൻ പറ്റൂ വിചാരം ചെയ്തറിയാൻ പറ്റൂ പിന്നെ അതിൻ്റെ ഒരു ഏകദേശ രൂപം ഞാനുണ്ട് ഞാനുണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷമായി അനുഭവിക്കാം അവിടെ തന്നെ ചിന്തിച്ചാൽ നോക്കിയാൽ മനസ്സിലാവുള്ളൂ ഞാനുണ്ട് എന്ന അനുഭവം കണ്ണിന് കിട്ടാൻ പറ്റുമോ കാതിന് കിട്ടാൻ പറ്റുമോ നമ്മുടെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് ഗംഭീരമായി അനുഭവിക്കുന്നു ഇതേത് ഇന്ദ്രിയം കൊണ്ട് കണ്ടെത്താൻ കഴിയും ആ സത്യത്തെ പിന്തുടർന്ന് പിന്തുടർന്ന് ഉള്ളിലേക്ക് ചെല്ലുക എങ്ങനെ പിന്തുടരുക അതിൻ്റെ മറ മാറ്റി മാറ്റി ഉള്ളിലേക്ക് ചെല്ലുക അപ്പോ അസ്പഷ്ടം അത് ഇന്ദ്രിയങ്ങൾക്കൊന്നും പിടികിട്ടില്ല ഗുരുവായൂരപ്പൻ ആരാന്നായി ഈ പദ്യം പറയുന്നത് ഇതൊക്കെ പറഞ്ഞു വച്ചാലും ഗുരുവായൂരപ്പൻ നമ്മുടെ വസുദേവൻ്റെ പുത്രനായി ജനിച്ചു അതിലപ്പുറം ഒരു ഗുരുവായൂരപ്പൻ ഞങ്ങൾക്ക് വേണ്ട വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഗുരുവായൂരപ്പൻ പറയുന്നു ഞാൻ മനുഷ്യ കാണുന്നവൻ മൂഢനാണ് എന്ന് ഗീതയിൽ പറയുന്നു അവജാനന്തിമാ അതിൽപ്പറ ഇനി എന്തു പറയണം അതെന്തിനാ ഈ തത്വം ഗുരുവായൂരപ്പനിൽ കൂടി വിചാരം ചെയ്ത് ഗ്രഹിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്ന ആ തത്വമാണ് ഇവിടെ അറിവ് ഗുരുദേവൻ അറിവെന്ന മലയാള പദം കൊണ്ട് പറയുന്നത് ഈ ഗുരുവായൂരപ്പനാണ് അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാസ്പദം പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈ ഭേദ മാറി ആ സത്യം ഒന്ന് തെളിഞ്ഞു വന്നാൽ ഒന്ന് തെളിഞ്ഞാൽ പുനരു പുരുഷാർത്ഥാസ്പദം അങ്ങെ അറ്റത്ത പുരുഷാർത്ഥം മോക്ഷം ദുഃഖമോചനം മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് പോയി നേടേണ്ട കാര്യമൊന്നുമല്ലേ ദുഃഖമേ ഇല്ല ആനന്ദം മാത്രം അനുഭവിക്കുന്ന അവസ്ഥ അതനുഭവിക്കാമോ ഇപ്പം മോക്ഷം ദുഃഖമില്ല അതാണ് ദുഃഖം മോചനം മോചനമാണ് മോക്ഷം ഏതിൽ മോചനം ദുഃഖമോചനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാസ്പദം അങ്ങനെയുള്ള ബ്രഹ്മതത്വം ഉപനിഷത്തുകൾ പറയുന്ന നിഗമശതഹസ്രേട നിർഭാസ്യമാനം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ആ ഗുരുവായൂരപ്പൻ ഈ ബ്രഹ്മതത്വമാണ് മനുഷ്യ അത് നല്ലവണ്ണം ചിന്തിച്ചറിഞ്ഞോളൂ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം ഒന്നാമത്തെ പദ്യത്തിൽ തന്നെ അദ്ദേഹം വളരെ സ്പഷ്ടമായി ആ ബ്രഹ്മം എന്താണ് അതാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെന്ന രൂപം തൽക്കാലം മനസ്സിന് ധ്യാനിച്ചേകാഗ്രപ്പെട്ട് ഈ ബ്രഹ്മതത്വം സാക്ഷാത്കരിക്കാനുള്ള ഒരു മാധ്യമം മാത്രം എല്ലാ ഈശ്വര രൂപങ്ങളും അത്രയുള്ളൂ വേറൊരു മാധ്യമം അതൊന്നും യഥാർത്ഥ ഈശ്വരൻ അല്ല ഗുരുവായൂരപ്പൻ്റെ യഥാർത്ഥ ഈശ്വരൻ ഗുരുവായൂരപ്പൻ്റെ ആ രൂപം യഥാർത്ഥ ഈശ്വരൻ അല്ലെന്ന് പറഞ്ഞാൽ ഭക്തന്മാർ അങ്ങനെ കോപം കൊണ്ട് തുള്ളിച്ചാടുന്നു എന്താന്ന് വരുത്തി അപ്പൊ തുള്ളിച്ചാടുന്നെങ്കിൽ ആ കോപം മുഴുവൻ ആരിലേക്കാ ചെല്ലേണ്ടത് ഭട്ടതിരിയിലേക്ക് വ്യാസനിലേക്ക് ഒക്കെ അല്ലേ ചെല്ലേണ്ടത് ഇതൊക്കെ വ്യക്തമായി ധരിക്കുക ബ്രഹ്മതത്വം തത്വാപദ്ദി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനനാം ആ ഗുരുവായൂരപ്പനെയാണ് ഇവിടെ ഗുരുദേവന് അറിവ് അറിവ് എന്ന പച്ച മലയാളകൾ കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ അറിവ് മാത്രമാണ് സനാതന സത്യം മറ്റൊന്നും സത്യമല്ല ഈ സത്യത്തിൽ അസത്യമായ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നാനിട വരുതും അതെങ്ങനെയാണ് അതാണ് നേരത്തെ പറഞ്ഞല്ലോ മായ ഒരു ശക്തിസ്പന്ദനം പോലും അവിടെ ഉണ്ടാകാൻ സാധ്യമല്ല ഇനി എത്ര യുഗം ആരൊക്കെ പ്രയത്നിച്ചാലും ആ ബോധതത്വത്തിൽ ജനർജിയുടെ ഒരു സ്പന്ദനം പോലും യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അതിനാകെ വേദാന്തം മായ മായ മായ വെറുതെ ഉള്ളെന്ന് തോന്നുന്നു യുക്തിഹീന പ്രകാശസജ്ഞമായ യുക്തിയില്ലാത്ത കാഴ്ച ആ കാഴ്ച കണ്ടോളൂ പക്ഷേ അതിലൊക്കെ എന്താ അയ്യന്തരജാലികൻ കാണിക്കുന്ന കാഴ്ചകളിലൊക്കെ അയ്യന്തരജാലിക ശക്തി മാത്രമേ ഉള്ളൂ അവിടെ കാഴ്ച ഒന്നും സത്യമല്ല അതുകൊണ്ട് ഈ കാണുന്നതിലൊക്കെ ആ ജഗതീശ്വരനെ തന്നെ കണ്ടോളും മായാരൂപങ്ങളിൽ മായാവിയെ കണ്ടോളൂ അല്ലാതെ മായാരൂപങ്ങൾ സത്യമാണെന്ന് ഭ്രമിച്ചാൽ നിങ്ങൾ അതിയായി ദുഃഖിക്കേണ്ടി വരും അതിനുവേണ്ടിയാണ് ഗുരുദേവൻ ഈ അറിവിനെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ട് ഇനി അറിയപ്പെടുന്നത് അതാണ് ഇല്ലാതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചകൾ അറിയപ്പെടുന്നത് ഒരു ദൈവം ആദ്യത്തെ മദ്യത്തിൽ തന്നെ പറഞ്ഞില്ലേ അറിയപ്പെടും ഇത് വേറെ അല്ല അറിവായിടും അറിയപ്പെടുന്നത് ഒക്കെ അറിവ് ഇവിടെ ഉണ്ടാകാൻ സാധ്യമല്ല അറിയപ്പെടുന്നതിന്റെ ക്രമമെന്താണ് പറയാം അറിവ് സത്യം ഇനി അറിയപ്പെടുന്നത് അസത്യം ആ അസത്യത്തിന്റെ തോന്നലിനൊരു ക്രമം പറയാം ഓ ആദ്യമായി ജീവഭാവം ഞാനുണ്ട് ഞാനുണ്ട് എന്ന തോന്നൽ പൂർണ്ണ സത്യമല്ല ആ തോന്നലിന് പിന്തുടർന്ന് ചെന്നാൽ നമുക്ക് പരമസത്യം അനുഭവിക്കാം ത്ര അടുത്ത് നിൽക്കുന്നതാണ് എങ്കിലും അത് പൂർണ്ണ സത്യമല്ല ഞാനുണ്ട് എന്ന ശബ്ദം ശബ്ദം ജഡമാണ് എനർജിയുടെ സ്പന്ദനം ആരംഭിക്കുന്നത് ശബ്ദത്തിലാണ് സൃഷ്ടിയുടെ ആരംഭം ശബ്ദം അഥവാ ധ്വനി സൗണ്ട് സൗണ്ട് എനർജിടെ ഓരോ സ്പന്ദനവും സൗണ്ടാണ് ധ്വനി ഇവിടെ ഏതെങ്കിലും ഒരു ധ്വനി ഉച്ചരിച്ചെങ്കിലേ ഞാൻ എന്ന ജീവഭാവം അനുഭവപ്പെടും അതിന് നമ്മൾ ബ്രഹ്മമായിട്ട് പറയുന്നു എന്തുകൊണ്ട് അത്ര അടുത്ത് നിൽക്കുന്നു തൊട്ടടുത്ത് നിൽക്കുന്നു ആ സൗണ്ടെന്ന് ശമിച്ചാൽ ജീവൻ ബ്രഹ്മമാണ് ഞാനുണ്ട് എന്ന അഞ്ഞാൻ ഇപ്പം നമ്മൾ മലയാളത്തിലാണെന്ന് പറയുന്നു ഇംഗ്ലീഷിലായി സംസ്കൃതത്തിൽ അഹം അമീബ എന്ത് ഭാഷയാണ് പറയുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല പക്ഷെ അമീബയും എന്തോ ഒരു ധനി പറഞ്ഞ് ഞാനുണ്ട് എന്നനുഭവിക്കുന്നു കുറുമ്പും ഒക്കെ എങ്ങനെ അറിയാം നമ്മളതിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അത് ജീവനും കൊണ്ട് ഓടുന്നത് വേണം തന്നെ രക്ഷിക്കാൻ ഉള്ള വെമ്പൽ അപ്പോൾ ഈ സൗണ്ട് എനർജി അതാണ് ശബ്ദം ആകാശം നിറഞ്ഞ് ആ ശബ്ദം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നു ഈ സ്പേസ് സ്പേസിൽ സർവത്ര ആ ശബ്ദം ഒരു ഒരു മുഴക്കം ധ്വനി അക്ഷരങ്ങളിൽ വ്യക്തമാകാത്ത ധ്വനി സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്ര സിദ്ധാന്തം നമുക്ക് ആ ആ ശബ്ദം കേൾക്കുക പോലും ചെയ്യാം എന്ന് ഉപനിഷത്തുകൾ പറയുന്ന ചെവി പൊർത്തി നോക്കിയാൽ ആകാശത്തിൽ അങ്ങനെ ആ ശബ്ദത്തിൻ്റെ മുഴക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കാൻ പറ്റും അങ്ങനെ ഞാൻ എന്ന ജീവഭാവമാണ് ഈ ശബ്ദം ആദ്യത്തെ അറിയപ്പെടുന്ന വസ്തു അത് കള്ളളാണ് സത്യമല്ല ആ ജീവഭാവം പോലും ഉള്ളിലേക്ക് ചെന്നാൽ ധനി അടങ്ങി ്രഹ്മമായി മാറും അതുകൊണ്ടാണത് അസത്യം എന്ന് പറയുന്നത് പിന്നെ എന്താ ഞാൻ ഉണ്ടെന്ന അനുഭവം ബ്രഹ്മത്തിന്റെ തന്നെ അനുഭവമാണ് അത് അത്ര അടുത്ത് നിൽക്കുന്നു അതിനെ ഒന്ന് പിന്തുടർന്നാലുടൻ അതിനെ കണ്ടെത്താൻ കഴിയും ബ്രഹ്മത്തെ അതുകൊണ്ടാണ് ഞാൻ ഞാനെന്ന ജീവജീവാനുഭവം ബ്രഹ്മത്തിന്റെ അനുഭവം തന്നെയാണ് നേരിട്ട് എന്ന് ശാസ്ത്രം പറയുന്നത് ആ ജീവനാണ് ആദ്യത്തെ അറിയപ്പെടുന്ന വസ്തു അപ്പോ അഖണ്ഡമായ ബോധം ഓർമ്മിക്കുക അഖണ്ഡമായ ബോധം ബ്രഹ്മം അതുമാത്രം സത്യം അതാ അതിൽ മായ ഒരു ജീവന്റെ തോന്നലുളവാക്കുന്നു നമ്മിലൊക്കെ ഉള്ള ഞാൻ ഞാൻ ഞാൻ എന്ന ജീവഭാവം ആ ജീവഭാവം തോന്നിക്കഴിഞ്ഞാൽ പിന്നെന്താ അറിവിലിരുന്ന ഒരഹന്ത ആദ്യമുണ്ടായിവരും ആത്മോപദേശകം ഈ അഖണ്ഡമായ അറിവെന്ന ആ സത്യത്തിൽ നിന്നും ഒരഹന്ത ഞാൻ ഞാൻ ആദ്യമുണ്ടായിവരും ഉണ്ടാകുന്നതായി തോന്നും പിന്നെ അത് കഴിഞ്ഞിട്ടോ അഹന്ത ജടങ്ങൾ ഉണ്ട് ഇല്ല എന്ന രണ്ടനുഭവം ഈ ഞാനിൽ രണ്ടനുഭവം ഒരു പ്രൊജക്ഷൻ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു മയ ഒരു വിവരണവും ഇല്ല ഈ ഞാൻ തന്നെ എങ്ങനെ ഉണ്ടായി വിവരണമില്ല ഉണ്ടാകാൻ സാധ്യമല്ല പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ ഞാനെന്നുള്ളതിൽ ഉടൻ കസേര ഉണ്ട് മേശയില്ല അല്ലെങ്കിൽ കസേര ഉണ്ട് കസേര ഇല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ രണ്ട് ഉണ്ട് ഇല്ല അറിയും അതിന് വണ്ണം ചെന്ന് അറിയപ്പെടും അറിയപ്പെടും ഇത് രണ്ട് ഒന്ന് അറിയുന്നുണ്ട് ഒന്ന് അതില്ല എന്ന് പന്ത്രണ്ടാമത്തെ പദ്യം ഇത് ഞാനിൽ അങ്ങോട്ട് തുടർന്ന് ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്ന അനുഭവം ഉണ്ടാവുന്നു അതാണ് മനസിന്റെ തുടക്കം ഞാൻ ജീവഭാവം അതിൽ മനസ്സിന്റെ മനസ്സെന്നോ ബുദ്ധിയെന്നോ അന്തക്കരണമെന്നോ ചിത്തമെന്നോ എന്ത് പേര് പറഞ്ഞാലും വേണ്ടില്ല അതാരംഭിക്കുന്നു ഉണ്ട് ഇല്ല അതിന്റെ അനുഭവം മുഴുവൻ ഈ രണ്ടിൽ നമുക്ക് ഉണ്ട് ഇല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ആണ് ബുദ്ധി തോന്നി അല്ലെങ്കിൽ മനസ്സുണ്ടെന്ന് തോന്നി മനസ്സ് ബുദ്ധിയൊക്കെ പര്യായം അവ അഖണ്ഡബോധവസ്തു അതാണ് സത്യം അതിൽ ഞാൻ ഒരു ചെറിയ തോന്നൽ അസത്യത്തിൻ്റെ തോന്നൽ ആദ്യം ഞാൻ ജീവഭാവം തുടർന്ന് ബുദ്ധിയുടെ തോന്നൽ ഉണ്ട് ഇല്ല എന്ന അനുഭവം ജീവനിൽ വന്നു ചേരുന്നു അപ്പം മൂന്ന് ആ ഇല്ലേ പരമസത്യം അത് സത്യം അസത്യം ഞാൻ അതിൽ മനസ്സ് ഉണ്ട് ഇല്ല എന്ന അനുഭവത്തിൻ്റെ തുടക്കം ഈ ഉണ്ട് ഇല്ല എന്ന അനുഭവം പിന്നെ അഞ്ചായി വിഭജിക്കപ്പെടുന്നു അതാണ് ജഡപ്രപഞ്ചം എന്താ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ ആദാം അതൊരു വസ്തു ഈ ലോകത്തോ പരലോകത്തോ കാണാൻ സാധ്യമല്ല ഇവിടെയും വരളുപോലത്തുമൊക്കെ ഉള്ള സകല വസ്തുക്കളും ഈ അഞ്ചെണ്ണത്തിൻ്റെ കൂടിക്കലർപ്പ ശബ്ദസ്പർശ രൂപരസഗഗന്ഥങ്ങൾ ആ അഞ്ചെണ്ണത്തെയും അനുഭവിക്കാനുള്ള അഞ്ചിന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളും ത്വക്ക് ഇങ്ങനെ അഞ്ചിന്ദ്രിയങ്ങളും വന്നു ചേരുന്നു പ്രപഞ്ചം തീർന്നു ഇതിൻ്റെ പല തരത്തിലുമുള്ള കൂടിക്കലർപ്പാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ അഞ്ചെണ്ണം ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുക പ്രപഞ്ചം തീർന്നു ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണല്ലോ എന്ന് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇങ്ങനെ പരക്കം പാഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ഇന്നുവരെ പിടി കിട്ടിയില്ല ഇനി ഒരു പിടിയും കാര്യമായി കിട്ടാനും പോകുന്നില്ല എന്തൊക്കെയോ തിയറികളുണ്ടാവും അതൊക്കെ നിഷേധിക്കും ഒരു തമോഹരത്വത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അടുത്ത കാലം സ്റ്റീഫൻ ഹോക്കിൻസും ഒക്കെ സിദ്ധാന്തിച്ചുകൊണ്ടിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയാണ് പത്രത്തിൽ സ്റ്റീഫൻ ഹോക്കിൻസ് ആ സിദ്ധാന്തമൊക്കെ നിഷേധിച്ചു തമോഹരത്വതിൽ നിന്നൊന്നുമല്ല പ്രപഞ്ചമുണ്ടാകുന്നത് അതിലല്ല പ്രപഞ്ചം പോയി ലഭിക്കുന്നത് അതൊക്കെ ദശകായിപ്പോയി എന്നദ്ദേഹം തന്നെ പറയുന്നു അങ്ങനെ ഒന്നും ആർക്കും കണ്ടെത്താൻ സാധ്യമല്ല നേരെ മറിച്ച് ഗുരുദേവന്റെ ഈ പ്രപഞ്ചോത്പത്തി വിവരണം അതിസൂക്ഷ്മം അത് ചിന്തിച്ചു നോക്കുക ഒരേ സത്യം അതിൽ മായ ജീവൻ്റെ തോന്നൽ ഉളവാക്കുന്നു സൃഷ്ടിയുടെ ആരംഭം ആ ജീവനിൽ ബുദ്ധി അഥവാ അന്ധക്കരണം മനസ്സിലൊക്കെ തമ്മിലുണ്ട് ഞാൻ എന്ന ജീവഭാവം തമ്മിലുണ്ട് നമുക്ക് എന്നെ അനുഭവിച്ച് ബോധ്യപ്പെടാവുന്നത് ഞാൻ എന്ന ജീവഭാവം തുടർന്ന് ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം പ്രപഞ്ചം മുഴുവൻ ഉണ്ട് ഇല്ല എന്ന രണ്ടനുഭവത്തിലോ ഒതുങ്ങുന്നു ആ അനുഭവം അഞ്ചായി വിഭവിക്കപ്പെടപ്പെടുന്നു ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ തീർന്നു ആറാമത് ഒന്നുമില്ല വിവേകാനന്ദ സ്വാമി പറയും ആറാമത് ഒരു ഇന്ദ്രിയം ഉണ്ടായിരുന്നെങ്കിൽ ആറാമതൊരു വസ്തു കൂടെ ഉണ്ടെന്ന് കരുതാമായിരുന്നു പക്ഷേ ഇല്ലെങ്കിലൊക്കെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്ന വെറും നിത്ഥാദർശനങ്ങൾ ശബ്ദവുമില്ല രൂപവുമില്ല ഉള്ളത് ബോധം മാത്രം എങ്ങനെ അറിയാം ബോധമില്ലയോ ഞാനില്ല അത് നോക്കിക്കൊള്ളുക അങ്ങോട്ട് അഖണ്ഡ ബോധമില്ലയോ ഞാനില്ല ഉണ്ടോ ഇല്ല എന്നുള്ള അനുഭവങ്ങളില്ല ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും ഇല്ല അപ്പോ ഞാൻ മുതലിങ്ങോട്ടുള്ളതെല്ലാം മായ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു അറിവ് മാത്രം അഖണ്ഡമായ ബോധം മാത്രം സത്യം അറിവ് സത്യം ഞാൻ എന്ന ജീവഭാവം ഉണ്ടായില്ല എന്ന് അനുഭവിക്കുന്ന അന്ധക്കരണം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഏഴ് അറിവും ചേർത്ത് ഏട്ടെണ്ണം ഈ ഏഴെണ്ണം മിഥ്യ വെറുതെ ഒന്ന് ആ ഒന്ന് അറിവ് മാത്രം സത്യം ഇതാണ് പ്രപഞ്ചോത്പത്തി പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉത്പത്തി ഈ അറിവിലെ കൊച്ചു പദ്യങ്ങളിൽ കൂടി നമുക്കത്യന്തം വ്യക്തമാക്കി തരുന്നു ഇനി ഞാൻ വായിക്കാം പതിനാലാമത്തെ പദ്യം അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവന് എന്നാകിൽ അറിയുന്നവന് ഞാൻ ഞാൻ എന്ന ജീവന് ആ ജീവനാണല്ലോ ഈ പ്രപഞ്ചത്തെ ഉണ്ടെന്നറിയുന്നവൻ അറിവിലെത്തിയാൽ പിന്നെ പ്രപഞ്ചമൊന്നും ഇല്ല ഉണ്ടെന്നറിയേണ്ട ആവശ്യവും ഇല്ല ആ അറിവ് മാത്രം അപ്പോ റിയുന്നവനെന്ന് അറിയാം അറിവെന്നറിയുന്നവനുമെന്നാകിൽ അറിയുന്നവന് അറിയുന്നവനും ഞാനെന്ന ജീവഭാവത്തിനും അറിയുന്നവനെന്നറിയാം ഞാൻ അറിയുന്നവനാണ് എന്നറിയാം ഇതാണ് അറിവ് അറിയുന്നവനെന്നറിയാം അറിവ് എന്നറിയുന്നവനും എന്നാകിൽ റിയുന്നവനും ഒന്നുകൂടെ വേറെ മനസ്സിലാക്കിക്കൊള്ളൂ അറിയുന്നവനും ജീവന് അറിയുന്നവനെന്നറിയാം ഞാൻ അറിയുന്നവനാണ് ശബ്ദമുണ്ടെന്ന് അറിയുന്നു രൂപമുണ്ടെന്ന് അറിയുന്നു അപ്പോ ഞാൻ അറിയുന്നവൻ ഞാൻ അറിയുന്നവനാണ് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ ഞാൻ അറിയുന്നവനാണ് ഈ പ്രപഞ്ചമുണ്ടെന്നറിയുന്നവനാണ് ഞാൻ ആർക്കെങ്കിലും സംശയമുണ്ടോ അറിയുന്നവനും ജീവനും ഞാൻ അറിയുന്നവനെന്നറിയാം ഞാൻ അറിയുന്നവനാണ് എന്നറിയാം അറിയുന്നവനെന്നറിയാം അറിവെന്ന് അതാണ് അറിവെന്ന് അറിവെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ അറിയുന്നവനെന്നറിയാം എന്ന അറിവാണ് അറിവ് പ്രപഞ്ച അറിവ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അവിടെ രണ്ടംശം അറിയുന്നവൻ അതിസൂക്ഷ്മമാണ് ചാൽ അറിയുന്ന ഒരംശം അവൻ എന്ന ഒരംശം അവ അറിവിൽ നിന്നും അവൻ രൂപം കൊണ്ടു ജീവൻ അതെങ്ങനെ തെളിയുന്നു ഞാൻ അറിയുന്നവൻ എന്ന അനുഭവത്തിൽ നിന്ന് തെളിയുന്നു അറിയുന്നവൻ എന്ന അനുഭവത്തിൽ രണ്ടംശം അറിവെന്ന അംശം അവൻ എന്ന അംശം ആ ജീവഭാവം ഇത് വ്യക്തമായി തെളിഞ്ഞാൽ രണ്ട് ഘടകം വേർതിരിയുന്നു അറിവ് അറിയുന്നവൻ ഇത് രണ്ടും വേർതിരിയുന്നു അവിടെയാണ് ഉൽപ്പത്തി അറിവിൽ നിന്നും അറിയുന്നവൻ രൂപം കൊണ്ടു അറിയുന്നവനിൽ നേരത്തെയുള്ള അറിവും കൂടെ കടന്നു നിൽക്കുന്നു അതുകൊണ്ടാണ് അവനിൽ രണ്ട് ഘടകം വ്യക്തമായി തിരിയുന്നു അറിവും അവനും ശബ്ദത്തിൽ വേർതിരിയുന്നു അത് കുറച്ചൊരു ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു പൃഷ്ടത ബോധ തോന്നും അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവെന്നുമെന്നാകിൽ അറിയുന്ന ഇങ്ങനെ വേർതിരിക്കുക അറിയുന്നവനും അറിയുന്നവൻ എന്ന് അറിയാം അറിവെന്ന് അതാണ് അറിവ് അറിവെന്ന് പറയുന്നത് അറിവെന്ന് അറിവെന്ന് പറയുന്നത് അതാണ് ഈ ലോകത്തെ ലോകത്തെ അറിവെന്ന് പറയുന്നത് ഞാൻ അറിയുന്നവൻ എന്ന അറിവാണ് ഞാൻ അറിയുന്നവൻ എന്ന അറിവിൽ രണ്ട് ഘടകം വ്യക്തം അറിവ് അവൻ ഇങ്ങനെ രണ്ട് ഘടകം അതായത് തെങ്ങും നിറഞ്ഞു നിൽക്കുന്ന അശുദ്ധമായ അറിവ് അതിൽ നിന്നും പൊന്തിയ അവൻ ആ ജീവൻ ഞാൻ എന്ന ജീവൻ അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവനും എന്നാകിൽ അങ്ങനെ അറിയാമെന്നാകിൽ അറിവൊന്ന് അത് രണ്ടെണ്ണം തിരിയുന്നു അതിലറിവെന്ന് അറിയുന്നവനൊന്ന് അറിവൊന്ന് അത് നേരത്തെ ഉണ്ടായിരുന്ന അറിവ് അതിൽ ഒരവൻ കൂടെ ഒന്ന് അറിയുന്നവൻ ഒന്ന് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ അറിയുന്നതിൽ ആറ് അറിയുന്നു ഞാൻ അറിയുന്നവനാണ് ആ അറിയുന്നതിൽ ഇനി ആറെണ്ണം എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ ബുദ്ധി ഉണ്ട് ഇല്ല എന്നറിയുന്ന ബുദ്ധിയും ശബ്ദസ്പർശരൂപരസംഭണ്ടതും ഇങ്ങനെ അറിയുന്നതിൽ ആറെണ്ണം ഇപ്പൊ അറിവ് അറിയുന്നവൻ അറിയുന്നതിൽ ആറെണ്ണം മനസ്സും പഞ്ച തന്മാത്രകളും അപ്പോ അഖണ്ഡബോധരൂപമായ അറിവ് അറിയുന്നവൻ തുടർന്ന് ബുദ്ധി എന്നിട്ടാ ബുദ്ധിയുടെ അഞ്ച് ഘടകങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അഞ്ച് അറിവൊന്ന് അറിയുന്നവനൊന്ന് ബുദ്ധിയൊന്ന് പഞ്ചതന്മാത്രകൾ അഞ്ച് എട്ടെണ്ണം തീർന്നു പ്രപഞ്ചത്തിന്റെ വിവരണം തീർന്നു അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവനു എന്നാൽ അറിവൊന്ന് അറിവൊന്ന് അറിയുന്നവനൊമ്പ് അറിയുന്നതിലാറ് ആ ബുദ്ധിയും പഞ്ചതന്മാത്രകളും അങ്ങനെ എട്ടുമായിടും ീ എട്ടിൽ അറിവുമാത്രം സത്യം ബാക്കി ഏഴെണ്ണവും അസത്യം അറിയുന്നവനും ബുദ്ധിയും പഞ്ചതന്മാത്രകളും അസത്യം അറിയപ്പെടും ഇതിനൊത്ത് എന്തിന് അറിയപ്പെടുന്ന ഈ പ്രപഞ്ചം അറിയപ്പെടുന്ന പ്രപഞ്ചം ഏതെല്ലാമാണ് അറിയുന്നവൻ ബുദ്ധി പഞ്ചതന്മാത്രകൾ ബുദ്ധിയുടെ അനുഭവം രണ്ടെണ്ണം അത് ആ ബുദ്ധി അതിനെ ഒരുമിച്ചാണ് ബുദ്ധി എന്ന് പറയുന്നത് ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്നറിയുന്നത് ഒരേയും ബുദ്ധിയാണ് അതുകൊണ്ട് രണ്ടായി കണക്കാക്കപ്പെടുന്നില്ല ബുദ്ധി ആ ബുദ്ധിയെ അന്ധക്കരണമെന്നോ മനസ്സെന്നോ എന്ത് പേര് വേണോ തന്നോളൂ അസൂക്ഷ്മ ശരീരമെന്നോ എന്ത് പറഞ്ഞാലും നിരോധമില്ല അഖണ്ഡബോധരൂപമായ സത്യം അറിയാൻ അതോ ഉള്ളത് അതിൽ മായ ആദ്യമുണ്ടാക്കുന്നത് ഞാൻ അറിയുന്നവൻ എന്ന ജീവഭാവം അതിനെ തുടർന്ന് ആ അനുഭവമാണ് ബുദ്ധി ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ആ ബുദ്ധി അഞ്ച് ഘടകങ്ങളിൽ വേറിതിരിയുന്നു ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അപ്പോൾ അറിവ് അറിയുന്നവൻ ബുദ്ധി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അഞ്ച് എട്ട് ആറ് എട്ട് ആകെ ആ എട്ടിൽ അറിവ് മാത്രം സത്യം ബാക്കി ഏഴെണ്ണവും വെറും മായയുടെ കളി അതുകൊണ്ട് വേണം സത്യം ഈ ഏഴെണ്ണത്തെയും കൂടി ആ സത്യമാണെന്ന് ഭാവന ചെയ്യുക അതുകൊണ്ടാണ് അതിൽ മായ ഉണ്ടാക്കി തീർക്കുന്നതാണല്ലോ കാണപ്പെടുന്ന വെള്ളം മരുഭൂമി തന്നെ അവിടെ അങ്ങനെ വെള്ളമൊന്നുമില്ല അതാണ് ഇതിന്റെ രഹസ്യം അതിനുവേണ്ടിയാണ് അറിവിൽ നിന്ന് ഈ ഏറെ എണ്ണം രൂപപ്പെട്ടു രൂപപ്പെടുന്നത് പോലെ തോന്നി എന്ന് പറയുന്ന എന്തിനെ ഇതൊക്കെ അറിവ് തന്നെ അറിവല്ലാതെ ഇവിടെ അണു പോലും മറ്റൊരു വസ്തു ഇല്ല എന്ന് വെളിപ്പെടുത്തി തരാനാണ് ഈ വിവരണമെല്ലാം മരുഭൂമി അല്ലാതെ വെള്ളം ലേശൂമിയില്ല ഇപ്പൊ വെള്ളം കാണുന്നതോ മരുഭൂമി തന്നെ ആ കാണുന്ന വെള്ളവും മരുഭൂമി തന്നെ ഉറപ്പിക്കൂ അതുപോലെ ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെ ബ്രഹ്മമല്ലാതെ നേഹമാനാസ്തി കിഞ്ചന മനസ്സുകൊണ്ട് ഇത് നല്ലവണ്ണം ചിന്തിച്ചറിയണം ഇത് ഉപനിഷൻ മന്ത്രമാണ് ഗുരുദേവൻ ദർശനമാലയിൽ അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട് മനസ്സൈവേദമാതവ്യം േഹദാനാസ്തി കിഞ്ചെന്ന പശ്യതീഹ നാനേവ മൃത്യോർ മൃത്യുമസച്ഛു ആരാണോ പലതുള്ളതുപോലെ കാണുന്നത് അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോയേണ്ടി വരും അറിയപ്പെടും ഇതിനൊത്ത് ഈ അറിവ് ഏഴ് കൂടി അറിയപ്പെടും ഇതിനൊത്ത് ഈ അറിവ് ഏഴ് ഒന്നിങ്ങ് അറിവ് അറിയപ്പെടുന്ന ഏഴ് അങ്ങനെ താനും കൂടി ചേർന്ന് എട്ടായി അറിവ് ഇങ്ങനെ വെവ്വേറായി അറിയപ്പെടും ഒരേ അറിവ് തന്നെ ഇങ്ങനെ പലതായി അറിയപ്പെടും എന്നതും വിടർത്തിയിടിൽ ആ അറിവിനെ വേണ്ട പോലെ വിശകലനം ചെയ്തറിഞ്ഞാൽ ഒരേ അറിവ് തന്നെയാണ് ഇങ്ങനെ പലതായി അറിയപ്പെടുന്നത് അത്യന്തം സ്പഷ്ടമായി തെളിയും ഞാൻ എന്ന ജീവഭാവം ഉൾപ്പെടെ ഇങ്ങോട്ടുള്ള ബുദ്ധിയും അറിയപ്പെടുന്ന പഞ്ചതന്മാത്രകളുമെല്ലാം ജഡാംശം ഉൾപ്പെടുന്ന അസത്യങ്ങളാണ് അവയിൽ നിന്നുമാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത് അവയൊക്കെ പ്രത്യേകം പ്രത്യേകമാണെന്ന് കരുതി ഞാൻ വേറെ ഈ ജഡഭാവങ്ങൾ വേറെ എന്ന് പറഞ്ഞ് അതിലൊക്കെ കയറി സംഘബദ്ധമായാൽ എൻ്റെത് നിറത് ആർക്കെന്ത് കിട്ടാൻ തോന്നൂ എവിടെ നിന്ന് വന്നു എന്നറിഞ്ഞുകൂടാ ഈ പരമസത്യം എന്താണെന്ന് ബോധ്യപ്പെടുന്നത് വരെ ഞാൻ ആരെന്നറിഞ്ഞുകൂടാ ഈ അറിയപ്പെടുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ അതിൽ കയറി ബന്ധിക്കുക എൻ്റെ ശരീരം എൻ്റെ വീട് എൻ്റെ കുടുംബാംഗങ്ങൾ എന്തിനാണ് ഈ ബന്ധിക്കുന്നത് അതൊക്കെ ഇരുന്നോട്ടെ ഒക്കെ ഒരേ ഈശ്വരനും എന്തുകൊണ്ട് ബന്ധിക്കരുത് എന്ന് പറയുന്നു എന്റെ കുടുംബം എന്റെ ശരീരത്തോട് പോലും എൻ്റെ എന്ന് പറഞ്ഞ് ബന്ധിക്കരുത് എന്തിനു പറയുന്നു ബന്ധിക്കലാണ് ദുഃഖം നിങ്ങൾക്ക് ദുഃഖം അല്ലേ ഒഴിവാക്കേണ്ടത് ഈ ബന്ധം വെച്ചോണ്ട് എന്തെങ്കിലും ദുഃഖം ഒഴിവാക്കാൻ പറ്റുമോ ശരീരം ജീർണിച്ച് സുക്കേട് പിടിച്ച് കിടന്നൊഴലുകയാണെന്നാലും എന്റെ ശരീരം എന്റെ ശരീരം ഒരു നിമിഷം അത് വിട്ടുപോകുന്നു ഈ ബന്ധം കൊണ്ട് എന്താ സാധിച്ചത് പെടയാൻ പെടയൽ മാത്രം വേറെ എന്ത് സാധിച്ചു നേരെയും ബന്ധിക്കാതെ ചെയ്യേണ്ടതൊക്കെ ചെയ്യൂ ഒക്കെ ഈശ്വരമയം കുടുംബം ഈശ്വരമയം പണം ഈശ്വരൻ എനിക്കൊന്നിനോടും ബന്ധമില്ല ഒക്കെ ഒരേ വസ്തു ശരീരത്തോട് പോലും പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല അതും ഈ ബോധം ജഗതീശ്വരനും അതില്ലാതാവുന്നില്ല ഒരേ ബോധം ശരീരത്തിലെ തോന്നൽ വെറും മായ ഇത് ഉറപ്പുണ്ടോ മരിക്കാൻ സമയത്ത് നല്ല ചിരിച്ചോണ്ട് മരിക്കാം നമുക്കതിന് സാധിക്കണം അതിനു വേണ്ടിയാണ് ഇതൊക്കെ മരിക്കാൻ സമയത്ത് ബന്ധുക്കളൊക്കെ ചുറ്റുപാട് വന്ന് നിൽക്കുന്നു അവരോട് ചിരിച്ചുകൊണ്ട് പറയണം ൊന്നുമില്ല ഇത് ഓർമ്മിച്ചുകൊണ്ട് മ മരിക്കുന്നില്ല ദുഖേശവും ഇല്ല ഇത് ഓർമ്മിക്കാതെ മരിച്ചാലോ നമുക്ക് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കാം നമ്മ നോക്കി നിൽക്കുന്നവർക്ക് കുറച്ച് ദിവസം പിടയാം പിന്നെ അതൊക്കെ അങ്ങ് പോവും എത്ര എത്ര പേർ മരിച്ചു ഇവിടെ ആരെക്കുറിച്ച് ആർക്കണ്ട ഉക്കണ്ട വാസ്തവത്തിൽ ഇതുപോലൊരു മായ വേറൊന്നും സംഭവിക്കാനില്ല ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാത്തവർക്ക് ബന്ധുക്കൾ മായ പത്തും ഇരുപതും കൊല്ലം കഴിഞ്ഞാലും അവരുടെ പടങ്ങളൊക്കെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനാ ദുഃഖം ദുഃഖം തുടരുകയാണ് മരിച്ചു പത്തിരുപത് കൊല്ലമായി ദുഃഖം തീരുന്നില്ല താഴെ എഴുതിയിരിക്കുന്ന സന്തപ്ത കുടുംബാംഗങ്ങൾ ഇതിനാണോ ജീവിതം ഒരാൾ മരിച്ചു പത്തിരുപത് കൊല്ലമായി ഇപ്പോഴും സന്തപ്ത കുടുംബാംഗങ്ങളാണ് ആരെയും കുറ്റം പറയാനല്ലേ ഈ മായയിൽ അതൊക്കെ സംഭവിച്ചേ ചെയ്രു പക്ഷേ എന്തിനും നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ മരിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ സുഖിച്ചൂടെ എന്താ മരിക്കുന്നയാളിൽ സുഖിക്കാം എല്ലാ എല്ലാവരോടും ചുറ്റും നിങ്ങളാരും ദുഃഖിക്കണ്ട ഞാൻ സാക്ഷാത് ബോധവസ്തുവാണ് ഞാൻ മരിക്കുന്നില്ല ഞാൻ വിചാരിച്ചാൽ പോലും എനിക്ക് മരിക്കാൻ സാധ്യമല്ല അതോ നിത്യശാശ്വതോയം പുരാണോ ഞാൻ വിചാരിച്ചാൽ പോലും എനിക്ക് മരിക്കാൻ സാധ്യമല്ല ഞാനിതാ നല്ല പുഞ്ചരി തൂയിക്കൊണ്ട് ഈ ശരീരം വിടുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളും സൗകര്യമുണ്ടെങ്കിൽ എന്നെപ്പോലെ ഈ ശരീരം വിടാൻ കരുത്തരായിത്തീരണം സാധിക്കും എന്ന് ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ ധരിപ്പിച്ചുകൊണ്ട് ഈ ശരീരം വിടുന്നു എന്ന നാടകം അഭിനയിക്കാൻ പറ്റുമോ അവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം അല്ലാതെ ഞാൻ സ്വർഗം പിടിച്ചുടക്കി ആ സാമ്രാജ്യം നേടി എന്നിട്ട് പിടഞ്ഞ് പിടഞ്ഞ് ഇങ്ങനെ മരിക്കുക എത്ര പേരെ നമ്മൾ കാണുന്നു ആർക്കെന്ത് പ്രയോജനം എന്തു നേടി ഇത് നല്ലതെന്ന് എല്ലാം നേടുക വേണമെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും നേടുന്നില്ല എന്നുറപ്പാക്കിക്കൊള്ളുക ഇവിടെ ഒരു വസ്തുയേ ഉള്ളൂ ഒന്നും നേടാനുമില്ല ഒന്നും നഷ്ടപ്പെടാനുമില്ല ഒന്നും നഷ്ടപ്പെടാനും ഖഡ്വാങ്കൻ തുടങ്ങിയ ചക്രവർത്തിമാരെ പോലെ ഖഡ്വാങ്കൻ അയോധ്യയിൽ സൂര്യവംശ ചക്രവർത്തിയായിരുന്നു മഹാഗംഭീരൻ അദ്ദേഹം തന്നെ പറയുന്നു കുട്ടിക്കാലം മുതൽ ഞാൻ ഈ പരമസത്യത്തെ അല്ലാതെ മറ്റൊന്നിനെയും കണ്ടിട്ടില്ല എന്നുവച്ച് രാജ്യം ഭരിക്കാതിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കൃത്യ സ്വർഗത്തിൽ വ്യാപിച്ചു ഒടുവിൽ ദേവേന്ദ്രൻ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു ദേവേന്ദ്രൻ അസുരന്മാരെ ജയിക്കണം ദേവേന്ദ്രന് പറ്റുന്നില്ല കണ്ടു അങ്ങനെ വിളിച്ചു ഞാനീ പറയുന്നത് ഈ സത്യം പിന്തുടർന്നു എന്നുവെച്ച് ഈ വ്യവഹാരത്തിൽ യാതൊന്നിനും തടസ്സമില്ലെന്ന് മാത്രമല്ല കർമ്മരംഗത്ത് ഈ നാടക അഭിനയത്തിൽ അതിയായ സാമർഥ്യം കൗശലം കൃഷ്ണൻ തന്നെ പറയുന്നത് യോഗ കർമ്മസു കൗശലം കർമ്മ ഇല്ല വെറും അഭിനയം അത് നല്ല ബോധ്യമുണ്ടെങ്കിൽ കർമ്മത്തിൽ കൗശലം സാമർഥ്യം എന്താ സാമർഥ്യം ദുഃഖിക്കാതെ കർമ്മം ചെയ്യൂ കണ്ടു അങ്ങനെ പോലെ അദ്ദേഹമെല്ലാം യുദ്ധമൊക്കെ ജയിച്ചു ധരിച്ചു വന്നപ്പോൾ സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞ് വേണ്ടേ എനിക്ക് സ്വർഗമൊന്നും ആവശ്യമില്ല നേരെ കൊട്ടാരത്തിൽ വന്നു അദ്ദേഹം ഇന്ത്യയിലൂ ഇവിടെ വന്നിട്ട് എല്ലാം അനന്തരാവകാശികൾക്ക് കൊടുത്തു ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി എന്നിട്ട് ഇതിൽ വ്യവസിതോ രാജ ഇവിടെ ആ നാരായണൻ മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല ഇതിൽ വ്യവസിതോ രാജ ാരായണപരായണ അദ്ദേഹത്തിന് നാരായണൻ മാത്രം യാതൊന്നു കണ്ടതത് നാരായണപ്രതിമ എന്നുവെച്ച് ഒരു കർമ്മത്തിൽ നിന്നും വ്യതിയലിച്ചില്ല അദ്ദേഹം സർവം ബ്രഹ്മമ എന്ന് വ്യക്തമായി അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് തോന്നും തക്കവണ്ണം ശരീരം ഉപേക്ഷിച്ചു ഖഡ്വാങ്കനെന്ന് ഭരണീശന് കങ്കൊരു മുഹൂർത്തേനെ നീ ഗതി കൊടുത്തുവാനും എന്നത് വിധി എൽ ദച്ഛം പറയുന്നില്ലേ അതാണ് ഈ ഖഡ്വാങ്കൻ മഹാചക്രവർത്തി ദേവേന്ദ്രന് കഴിയാത്ത അസുരജയം സാധിച്ചയാൾ എന്തിനത് പറയുന്നു ഈ സത്യം ഉറപ്പിക്കുന്ന ആളിനെ വേണമെങ്കിൽ ഇവിടെ കർമ്മം ചെയ്യാനൊന്നും ഒരു പ്രയാസമില്ല ഏത് ഗംഭീരനെക്കാളും ഗംഭീരമായിട്ട് കർമ്മം ചെയ്യാം ഈ സത്യമറിഞ്ഞവർ മാത്രമാണ് കർമ്മരംഗത്ത് പോലും അനേക ജന്മങ്ങൾ കൊണ്ട് സാധിക്കാത്ത കർമ്മങ്ങൾ അവർ സാധിച്ചിട്ടുണ്ട് ഗുരുദേവനെപ്പോലുള്ളവർ തന്നെ എന്താ വെറുതെയിരുന്നോ കർമ്മരംഗത്ത് അത് ഗംഭീരമായ വിപ്ലവം എന്താ ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് സാമൂഹ്യ വിപ്ലവകാരിയാണ് സാമൂഹ്യപ്രവർത്തകൻ സാമൂഹ്യ വിപ്ലവകാരി എന്നുവെച്ചാൽ ആരും ധൈര്യപ്പെടാത്ത എത്ര എത്ര കാര്യങ്ങൾ അദ്ദേഹം സമൂഹത്തിൽ നിർഭയനായി ചിരിച്ചുകൊണ്ട് നിർവഹിച്ചു വേറെ വിപ്ലവമൊന്നും കൊല്ലും കൊലയും നടത്തിയില്ല സാമൂഹ്യ പരിഷ്കർത്താവ് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിസ്സാരമായിട്ട് ഇല്ലാതാക്കി ആ കൗശലമൊക്കെ അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി സാമൂഹ്യ പരിഷ്കർത്താവും സാമൂഹ്യപ്രവർത്തകനും സാമൂഹ്യ വിപ്ലവകാരിയും ഒക്കെയായി രംഗത്ത് വരാനുള്ള കൗശലം എവിടുന്ന് കിട്ടി ഈ ബ്രഹ്മബോധം സർവം ബ്രഹ്മനയം എന്നതിഗംഭീരമായി ഉറപ്പിച്ചു കൊണ്ട് അദ്ദേഹം ചെയ്തു അതാണ് യോഗ കർമ്മസു കൗശലം ഈ കർമ്മത്തിൽ സാമർഥ്യം വന്നു ചേരുന്നത് ഈ യോഗം കൊണ്ടാണ് ഒരു യോഗി കർമ്മം ചെയ്യാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തെ തളയാനീ ലോകത്തൊന്നും ഒരു ചക്രവർത്തിക്കും സാധ്യമല്ല ആരോടും എതിർപ്പൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഏത് ചക്രവർത്തിയും പരിഞ്ഞു നിൽക്കും ആ അതെങ്ങനെ നിൽക്കുന്നു അതാണ് ആ സത്യത്തിൻ്റെ നിയമം നമ്മൾ പലപ്പോഴും ഇപ്പം മഹാത്മാഗാന്ധിയൊക്കെ ഉണ്ട് അദ്ദേഹം അത്ര വലിയ പൂർണ്ണ ബ്രഹ്മനിഷ്ഠവം ഞങ്ങളല്ല എങ്കിലും പൂർണ്ണമായ ഒരു അർപ്പണ ബുദ്ധിയുണ്ടായിരുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഒരു അസ്തിഭരമായ മനുഷ്യൻ അദ്ദേഹത്തെ ആരംഭകാലത്ത് തന്നെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വെടിവെച്ചങ്ങൾ കളഞ്ഞാൽ പോരെ പറ്റില്ല ചർച്ചിൽ പോലും പറയുന്നത് ഈ ഫക്കീറിനെ അർത്ഥനഗ്നായ ഈ ഫക്കീറിനെ മാത്രമാണ് എനിക്ക് ലോകത്ത് പേടിയെന്നാണ് മാസം ഈ ചർച്ചിൽ നിന്ന് പേടിക്കത്തക്കെ ഒരു വെടി തീർന്നു എന്താ വെടിവെക്കാത്തത് അവിടെയാണ് ഈ ജഗദീശ്വരൻ വെടിവെക്കാൻ തോന്നുന്നില്ല പേടി വെടിവെക്കാൻ പറ്റില്ല ഇപ്പം നൗഹാലിയിലും മറ്റും അങ്ങനെ സമുദായകളിലുള്ള ശവം മൃഗശരീരങ്ങൾ ചിതറിക്കിടക്കു നടത്തി തൻ തനിയെ അത് സഞ്ചരിക്കാൻ ഇടപെട്ടു അത് ഒരൊരിടത്ത് ചെന്നപ്പോൾ എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ആരോ ചോദിച്ചാൽ അങ്ങൊരു അസ്ഥിരഞ്ജനം അല്ലേ ആരെങ്കിലും ഒന്ന് ഒന്നുറക്കഭൂതിയങ്ങ് വീട് പോകുമല്ലോ അതൊന്നും സാരമില്ല ഞാനല്ല ഈ പോകുന്നത് എന്നെ ഒരാൾ കൊണ്ടുപോകുകയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ ഈ അസ്ഥി വഞ്ചിരം നീ എവിടെ വേണോ ആരും ഒന്നും ചെയ്തില്ല ഇങ്ങനെ എത്ര അതൊക്കെ പോട്ടെ എന്നുവെച്ചാൽ പൂർണ്ണം ബ്രഹ്മനിഷ്ഠയില്ലെങ്കിൽ പോലും ഒരർപ്പണ ബുദ്ധി പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ എന്നെ നയിക്കുന്നത് ഈശ്വരനാണ് ഞാനല്ല ഞാൻ വെറും ഒരു ഉപകരണം ഗീത പറയുമ്പോൾ ഒരു അർജുന നിമിത്തമാത്രം ഭവ സവയസാക്ഷ്യം ഞാൻ ഈ ഭീഷ്മരീന്ദ്രോണരിയൊക്കെ കൊന്നു നിർത്തിയിരിക്കുകയാണ് കൊന്നു നിർത്തിയിരിക്കുകയാണ് മയാഹതാൻ തും ജഹി ഞാൻ കൊന്നവർ നീ ഒരിക്കൽ കൂടെ കൊന്നേക്ക നിമിത്തമാത്രം ഭവ എൻ്റെ കയ്യിലെ ഒരു ഉപകരണമായി പ്രവർത്തിക്കൂ നിൻ്റെ പിന്നിൽ ഞാൻ കാണും അതാണ് ഈശ്വരബുദ്ധിയിൽ പൂർണ്ണ അർപ്പണം വന്ന ഒരാളിൻ്റെ മാനസിക മഹത്വം ഇതിൽ നിന്നൊക്കെ നമുക്ക് അറിയാനുള്ള അറിവ് അത് മാത്രമാണ് സർവമീശ്വരമയം അതിരാവകലുറപ്പിച്ചുകൊണ്ട് നിർഭയന്മാരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ ജീവിതത്തെ അടിച്ച് താറുമാറാക്കാൻ വേണ്ടിയൊന്നും അല്ല വേദാന്തം വേദാന്തം പോലെ യഥാർത്ഥ വേദാന്തം പോലെ ജീവിതത്തിനുറപ്പ് തരുന്ന മറ്റൊന്നും ഈ ലോകത്തില്ല കാരണം പരമസത്യം ഉള്ളൻ കയ്യിലെ നെല്ലിക്ക പോലെ തെളിയുന്ന ഇനി ആരെ പേടിക്കാം അതിനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തന്നനുഗ്രഹിക്കുമാറാകട്ടെ അത്ഭുതകരമായ ഒരു കൃതിയാണ് ഈ അറിവ് എന്ന് പറയുന്നത് എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം